ി തൃശൂർ അപ്പന്റെ മകൾ നാടകം മൂലകഥ മുത്തിരിങ്ങോട്ട് ഭവത്നാഥൻ നമ്പൂതിരിപ്പാട് റേഡിയോ നാടക രൂപാന്തരം ശ്രീദേവി കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും അഭൻ നമ്പൂതിരിപ്പാട് മുല്ലനേഴി മധുരപ്പള്ളി എം നമ്പൂതിരി ഏടത്തി വി ഗിരിജ ഇട്ടിച്ചിരി എം തങ്കമണി സുലോചന കെ എസ് അമ്മ കെ ബി ശ്രീദേവി മുത്തശ്ശിയമ്മ സുധാവർമ്മ കുഞ്ഞുകുട്ടിയമ്മ ടി കെ ഭാരതി കുഞ്ഞനുജൻ നമ്പൂതിരി ടി കെ വാസുദേവൻ സരോജം കെ ആർ ഇന്ദിര കുഞ്ചു നമ്പൂതിരി വി എൻ എൻ നമ്പീശൻ റൌഡി നമ്പ്യാർ കെ ജയകൃഷ്ണൻ മധു ടി ടി പ്രഭാകരൻ എന്തേ പറഞ്ഞത് അല്ല കാലം മാറി വരികയാണല്ലോ അതിനെന്താ വന്നോട്ടെ മധുവിന്റെ കാര്യ ഏട്ടനാഞ്ചാ നേരത്തെ അങ്ങോട്ട് കഴിഞ്ഞു ഇനിയിപ്പോ ഇയാൾക്കൊരു നിക്കക്കള്ളി ആവണല്ലോ കാലാട്ട് സ്കൂൾ വന്നൂല്ലോ അതില് ചേർത്താനോന്ന് നിരീക്ഷിക്ക നമ്പൂരാര് സ്കൂളിലൊക്കെ പോയി പഠിക്കാറ്റാൽ ഒരു കഥയാണേ ആ മ്ളേച്ച ഭാഷയല്ലേ പഠിക്കണേ മ്ലേച്ഛാണെന്ന് നമുക്കല്ലേ തോന്നണേ അത് പഠിക്കണോർക്ക് എന്നെ പറഞ്ഞത് നമ്പൂരിയാ പോരാ ഓത്തുണ്ടാവണേ അതില്ലാ ഇങ്ങനെയൊക്കെ തോന്നണെ ഓത്തുള്ളവരും തെക്കുവടക്ക് നടക്കന്നെയാ ഏ ഏ ആട്ടെ പഠിപ്പിച്ച എന്താ മെച്ചം ഒന്നുമില്ലെങ്കിലും ഇവിടത്തെ കണക്കെഴുതാറായാൽ അയാൾക്കൊരു ചോറാവൂലോ അത് ശെരി തന്നെയാണ് പിന്നെ ഓത്തില്ലാത്തവർക്ക് ഇതൊന്നും അത്ര സാരമില്ല മധുര മോഹുണ്ടോ പഠിക്കാൻ മോഹം നല്ലോണം അതുകൊണ്ടായില്ലോ പിന്നെന്താ സ്കൂളിലൊക്കെ പഠിക്കാൻ നല്ല ചെലവില്ലേ എന്നെ കൊണ്ട് അതൊക്കെ സാധിക്കുവോ ആ ചെലവുണ്ട് അത് ശരിയാ ഇപ്പോ സുലോചനയും പഠിക്കണം പഠിക്കണം ശാല് തുടങ്ങിയിട്ടുണ്ട് ചേർക്കാന്ന് നിശ്ചയിച്ചു കൊറേ നടക്കണം എന്നാലും അയിൽ അങ്ങനെ ഒരു മോഹംണ്ടാൽ അതായിക്കോട്ടെ വേണ്ടതാണ് വേണ്ടാത്തതും ഷീ പഠിക്കും അപ്പോ മധുവിന്റെ കാര്യം എന്താ വേണ്ടത് എന്ത് പഠിപ്പിന്റെ ചെലവ് അത് ഇവിടുന്ന് എടുക്കാൻ നിൽക്കുക ഒരാൾക്ക് ഒരു ചോറാവോ സന്തോഷായി മധുവിനും സുലോചനയ്ക്ക് ഒറ്റയ്ക്ക് പൂവേ വേണ്ടല്ലോ സ്കൂളിലേക്ക് ഒന്നൊന്നര നാഴിക നടക്കണ്ടേ വഴി പൊറക്കാണേ മധുവിനോട് എന്നും സുലോചനയും കൂട്ടി പോണമെന്ന് പറയണം ഓ അത് പറയാം പറഞ്ഞോളാം ഇന്നെന്താ ചിരിക്കൊരു മൗഢ്യം മിണ്ടാട്ടല്ലോ മൗഢ എന്തോണ്ട് അത് തീർച്ചയായും സുലോചനയ്ക്കൊക്കെ എത്ര സുഖല്ലേ ആ അവൾക്ക് ഭാഗ്യണ്ടേ എല്ലാരും ഒരുപോലെ അവട്ടിച്ചിരി ഒരുപോലെ ആവണ്ട എന്നാലും എനിക്കെന്താ സ്കൂളിൽ പഠിക്കാൻ പാടില്ലെന്ന് എനിക്കും പഠിക്കണം അതേ തരണ്ടിരിക്കണ പെൺ സ്കൂളിൽ പഠിക്കാത്രോന്നെ പഠിക്കാൻ തോന്നല് കുറ്റൊന്നല്ലേ കുറ്റമല്ലേരിക്കും എന്നാലും അങ്ങനെ പതിവുണ്ടോ എപ്പോഴും ഇങ്ങനെ പഠിക്കാൻ പഠിക്കാന്നും പറഞ്ഞിരുന്നാലോ പെങ്കിടാങ്ങൾക്ക് ചെയ്യാൻ വേറെ കൂട്ടണ്ട അതൊക്കെ പഠിച്ചോ ടീച്ചിരി അതെ അതെ ഇവിടെങ്ങനെ കറുകുമാല കെട്ടിട്ടും നന്മയേർന്നൊരു ചൊല്ലിട്ടിങ്ങനെ കഴിയാം ടീച്ചരി നീ എന്റെ കഥ ഒന്ന് നോക്ക് ആരാക്കൊരു തോണ ഒരു ഉണ്ണിട്ടായിട്ട ശരിയാണെടുത്തേ വിധിയെ കുറ്റം പറയാനും കൂടി വയ്യാലോ എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരാള് പറയാൻ വയ്ക്കുമോ എടതി ഇന്നലെ എടുത്തേക്കാണെന്നേ ഉള്ളൂ ഇന്ന് എനിക്കാവൂ ഈ ഗതി ഇവിടെ പെങ്കിടാങ്ങളുടെ ഭാരം ഒഴിക്കലല്ലേ അയ്യോ ടിച്ചിരി അങ്ങനെയൊന്നും പറയരുതേ ഈ ഗതി ആർക്കും ഇനി വരരുത് ഞാനതാ പ്രാർത്ഥിക്കണേ വല്ലയപ്പനോടൊന്നു പറഞ്ഞാലോ എന്നെ സ്കൂളിൽ ചേർക്കാൻ അത് ചോദിക്കാൻ പുറപ്പെടില്ലേ അല്ലെങ്കിൽ തന്നെ വേണ്ടാത്തത് ഓരോന്ന് പറഞ്ഞിരിക്കാണ്ട് ടീച്ചിരി ഉണ്ണാമട്ടം കൂട്ട നമ്പൂരും ഉണ്ണാൻ വരാറായി എന്റെ ഒരു യോഗം നാളെ തിരുവനോട്ടിന് ആല ഏൽപ്പിച്ചിട്ടില്ലേ ആവോ ട്ടിപ്പാപ്പിന്നിരിക്കണില്ലേ ചോദിച്ചോ ഊവ കുട്ടനോട് പറഞ്ഞായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടാവും അപ്പോ സുലോചനീ സ്കൂളില് പോവില്ല അവളെ മാഷന്മാര് കല്പിച്ചു മാർക്ക് കുറച്ച് തോൽപ്പിച്ചതാണ് കുഞ്ഞുട്ടി പറഞ്ഞേ അവളോട് ഓ പറയാത്ത കൊറവൊന്നുമില്ല വാശി കലശലാണല്ലോ എത്ര പറഞ്ഞിട്ട് ഒരു കൂട്ടം വേണ്ടേ നന്നാവാനും യോഗം വേണം പോവാനും വരാനും കൂട്ടാവൂല്ലോന്നിരിച്ചിട്ടാ മധുവിനെ പഠിപ്പിക്കാൻ അവിടെ നിന്നും കൊറേ പറഞ്ഞു നോക്കി സുലോചനോട് ഒക്കേനും വലിയ കൂട്ടാ രണ്ടാളും ഇത് പറഞ്ഞപ്പോ മ്മ് അത് മാത്രം പറയണ്ട മധുവിന്റെ സ്വഭാവത്തിനെ വിശേഷണ്ടേ പറയാണ്ട കഴിയില്ല പഠിപ്പിലും അവിടുന്ന് എല്ലാരേക്കാളും മീതയാത്രേ എന്നാളാ മാഷ് വന്നപ്പോ പറയേണ്ടായി രണ്ടാളും കൂടിയാ ആരാരാ മീതയെന്ന് സംശയാവൂന്ന് ആ മാഷ എത്ര പറഞ്ഞു കി സുലോചനോട് പഠിക്കാൻ വരാൻ പെണ്ണാച്ച കൂട്ടാക്കണ്ടേ ഒരേ ഒരു പിടിത്തം തന്നെ അമ്മേ അമ്മ എവിടെയാ ഇതാ ഇവിടെ പള്ളിയറയിലാണ് ഇങ്ങോട്ട് വാ ഓ എന്താണ് അവസ്ഥ അടിയന്തരം ഏ കാര്യായിട്ട് ഒന്നും ഉണ്ടാവില്ല മനക്കിന്നേ മധുനിയമ്പൂരി വന്നിട്ടുണ്ട് കുഞ്ഞുട്ടി സാരം എന്നെ അങ്ങോട്ട് കൊളത്തിലേക്ക് കൊടുത്തയക്ക ഞാൻ തേച്ചുള്ളി കഴിച്ചേക്കാം നാളെ പ്രദോഷായില്ലോ ആ കൊടുത്തയക്കാവി ഞാൻ തീർച്ചയാക്കോളാം ഓഹോ ഇന്ന് കൊറേ ഗൗരവത്തിലാണല്ലോ ഞാൻ ഗൗരവത്തിലായാ ഇവിടക്കെന്താ നഷ്ടം നഷ്ടത്തെ പാട്ട് കേൾക്കാൻ തരാവില്ല തരാവുണ്ട ഞാൻ തീർച്ചയാക്കിക്കോളാം പാടണോ വേണ്ടോന്നൊക്കെ നിക്ക് തോന്നിയാ ഞാൻ പാടും എന്തും ചെയ്യോ ഓവ് സ്കൂളിൽ പോവും ചെയ്യോ അതിന് എനിക്ക് തോന്നേണ്ടേ പോവാൻ ആട്ടെ ഇനി എന്താ ഭാവം എന്തു മാനോരാജും മൂളിപ്പാട്ടുമായിട്ട് കാലം കഴിക്കാനാണോ ഭാവം അല്ല വായിക്കാൻ എത്ര പുസ്തകങ്ങളുണ്ട് വളരെ നല്ലത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഏൽപ്പിക്കട്ടെ പറഞ്ഞോളൂ ഇടനേരത്ത് ഈ രണ്ട് മണിക്കൂറെങ്കിലും ഇട്ടിച്ചിരേയും മറ്റുള്ളവരെയും കൊറേശേ പഠിപ്പിക്കാം അവർക്ക് നാലക്ഷരം വശാവാൻ വേറെന്താ വഴി ശെരിയാ സന്തോഷായിട്ട് ചെയ്യാം സുലോജനെ അമ്മ വിളിക്കണോ ഞാൻ പോട്ടെ പിന്നെ നാളെ സ്കൂളിൽ നിന്ന് വരുമ്പോ ഒരു ലൈബ്രറി പുസ്തകം കൊണ്ടുവരണം കേട്ടോ ഓ അങ്ങനെയാട്ടെ സരോജം ൊന്നു നോക്കൂ ഹൈ എന്തങ്ങനെ കനപ്പിച്ച് കൂടിയെടുക്കണേ ഞാൻ ഇടക്കാട്ട് പണിക്കല നേരമ്മ അല്ലേ കൊറച്ച് ഗൗരവില്ലാണ്ട് എന്താ സരോജൻ കാപ്പി കഴിച്ചില്ലേ ഇന്നലെ തന്നെ കഴിഞ്ഞടക്കണോ ആഹാ കോന്തേ വേണ്ട വേണ്ട കാലാവുമ്പോ കൊണ്ടുവരട്ടെ കോന്തെ ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ കാപ്പി നേർത്ത് എത്തിക്കണം ഞാൻ കാപ്പി പരിഹാരം കൊണ്ട് ഇങ്ങോട്ട് ആണ് അപ്പോഴാണ് അതാ എനിക്ക് പറയുന്നത് ഓ എന്നാ പിന്നെ വേറെ ആരും പറഞ്ഞാ കേക്കണ്ടേ അങ്ങനെയല്ലേ വേണ്ടത് ബ്രാഹ്മണർക്കല്ലേ ആദ്യം അത് കഴിഞ്ഞിട്ട് വേണ്ടേ ശൂദ്രർക്ക് ഹോണ്ടെ ഇപ്പൊക്കോളൂ ഞാൻ പറഞ്ഞാ താ കേക്കണോന്ന് തീർച്ചയാക്കി തരാം സരോജം ആട്ടെ ഞാൻ കാപ്പി ആ കുടിക്കൂ നേരശ്ശിയോ കുടിക്കു കാപ്പി വേണ്ട വേണ്ട എന്താണില്ലെങ്കി തന്നെ വേണ്ട നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഞാൻ അതന്നെ പോരേ ദണ്ണത്തിന് ഒരു ഇങ്ങനെ വന്നു വരില്ലേ ഇതൊക്കെ കാര്യോ ഒരു ദീസോ രണ്ടു ഞാൻ ഇവിടെ വന്നേ പിന്നെ എന്നെങ്കിലും കിട്ടിട്ടുണ്ടോ നേരത്തിന് കാപ്പിയും ചോറും അത് വല്ലതും അന്വേഷിക്കാറുണ്ടോ അവിടെ നിന്ന് പിന്നെ ഞാൻ ഒന്നും മനസ്സിലും ഇല്ലെങ്കിലും ആ പട്ടരുട്ടി കാട്ടിയത് ആട്ടെ കാപ്പിയും വേണ്ട ചോറും വേണ്ട എനിക്ക് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയാ മതി ഇങ്ങോട്ട് പോരുമ്പ തന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിതൊന്നും ശീലല്ലാന്ന് എല്ലാരുടെയും പാകവും നോക്കി ആചാരവും പറഞ്ഞ് എല്ലാരുടെയും ശാപ്പാടും കഴിഞ്ഞ് ബാക്കിയുള്ളത് വല്ലതും കിട്ടാൻ കാത്തുകിടന്ന് കഴിച്ചൂട്ടെന്നെ കൊണ്ടാവില്ല ഞാൻ തെണ്ടി ഇറന്ന് വന്നതാന്ന് അവിടെ ഓരോരുത്തരുടെ ഭാവം അവർക്ക് വേണ്ടതൊക്കെ നിശ്ചയിഞ്ഞിട്ടല്ലോ ആ സുലോചനയുടെ നേരെ എന്തോരവാ പാകം നോക്കല അതെന്താ േണോറിന്റെ ഇത്ര ഭാഗ്യം മറ്റേ ആർക്കാണ്ടാവുക മാന്യനായ ഭർത്താവ് കാപ്പി ക്ലാസ് കയ്യിൽ പിടിച്ച് ഭാര്യയെ കുടിപ്പിക്കാൻ ശ്രമിക്ക അത് വാങ്ങി കുടിക്കാൻ യോഗ ഇല്ലാച്ചാൽ അത് വല്ലാത്ത ഭാഗ്യല്ലായ്മ ഇതങ്ങട് കുടിക്കു സരോജം നേരത്ര ശരി എന്നാ കുടിക്ക സരോജത്തിന്റെ ഒരു പാട്ട് കേക്കാനാ ഞാൻ വന്നത് ഓ ഞാൻ പാടാലോ പിന്നെ ഇതൊന്നും ആരോടും പറയരുതെട്ടോ സുലോജിനെ ഹേയ് ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ നന്നോ ഞാൻ അതൊക്കെ എപ്പോഴേ മറന്നു പേടിക്കണ്ടട്ടോ എന്താ ഇവിടെ പണി അയ്യോട്ടോ ഏ ഇപ്പോണ്ടാ അവിടെ നിക്കൂ എത്ര കാലായി ഒന്ന് കാണാൻ കൊതിക്കണു ഇപ്പോ അവസരം ഒന്ന് നിക്കൂന്ന് എത്ര കാലത്ത് വർത്തമാനുണ്ട് പറയാൻ കുട്ടിക്കാലത്ത് നമ്മള് പുഴക്കരയിൽ കുട്ടിപ്പരവെച്ച് കളിച്ചതൊക്കെ ഓർമ്മയുണ്ട് ഒട്ടിച്ചിരിക്കെ അതൊക്കെ എങ്ങാർക്ക ഒരു ദിവസെങ്കിലും ഞാനത് വിചാരിക്കേണ്ട പതിവില്ല ഇപ്പോ ഒന്ന് കാണണച്ച തന്നെ എത്ര ബുദ്ധിമുട്ടാ കാണാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു നാളൊരു ദിവസം നാലറിയത്ത് വെച്ച് കണ്ടുമുട്ടിയില്ലേ അപ്പോളേക്കെന്താ വേഗം ഓടിപ്പോയത് വല്ലവരും കണ്ടാലോ തരണ്ടിരിക്കണ പെങ്കിടാ അന്ന് രാത്രി എത്ര കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങിയതെന്നറിയോ ഈ ഇല്ല തന്നെ ഉണ്ടായിട്ടും ഇടയ്ക്കൊന്ന് കാണാൻ തരാവാഞ്ഞാൽ വല്ലാത്ത സംഘടനയാണ് പലക്കെ പറയോ ആരെങ്കിലും കേക്കും ശരിയാ ഞാൻ എന്തിനാ മോഹിക്കണേ അല്ലേ ഞാനൊരു ദരിദ്രൻ നിങ്ങളൊക്കെ വലിയ വലിയ ആഢ്യന്മാര് നിങ്ങളെ ആശ്രയിച്ചു കഴിയണ വെറൊരു നിസ്സാരൻ എനിക്കൊക്കേലും വലിയ ആളാ അതെയോ ശരിയാണോ സത്യമാണോ പറഞ്ഞത് ശരിയാണ് ഇനി എനിക്ക് വേറൊന്നും വേണ്ട എങ്ങനെയെങ്കിലും കുറച്ചും കൂടി പഠിച്ച് കഴിഞ്ഞൂടാൻ വല്ല വഴിയുണ്ടാക്കണം പിന്നെ അതുവരെ കാത്തിരിക്കാൻ ടീച്ചർ മനസ്സി മതി ഞാൻ മനസ്സിന് വിചാരിക്കണ്ടേ ഈശ്വരൻ നമുക്ക് വിരോധം നിൽക്കില്ല അല്ലെങ്കിപ്പോ ഇവിടെ നമുക്ക് കാണാൻ തരാമുണ്ടല്ലോ ടീച്ചർ ഉണ്ടാവിച്ചിട്ടല്ലോ ഞാൻ അപ്പൊ ഇങ്ങോട്ട് വന്നത് ഹായ് കണ്ടപ്പോ മനസ്സിൽ തരമാലടിക്കണ പോലെ എനിക്കും എന്തുവന്നാലും വേറെ ഒരാള് വന്ന് കേൾക്കാൻ ടീച്ചർ സമ്മതിക്കരുത് കേട്ടോ എന്നെ ഓർമ്മിക്കില്ലേ എന്താ ഞാൻ പറയണ്ടേ ഷികാലായിട്ട് എപ്പോഴും എപ്പോഴും നിരീക്ഷിരിക്കണ ഒരാളെ മറക്കാൻ പറ്റുമോ <laughs> ും ചെറിയ കുട്ടികളെ പോലെ രണ്ടും മുമ്പേ ഇവിടെ തന്നെയല്ലേ പറഞ്ഞത് ഈ മണലില് വെച്ച് കളിച്ച കളികളൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണൂന്ന് ഒന്നും കൂടി കളിച്ചാൽ എന്താ മോഹാവണൂന്നൊക്കെ പറഞ്ഞു അതൊക്കെ ചെയ്യാറുണ്ടോ ആ പറഞ്ഞത് പ്രവർത്തിക്കുക അതെന്റെ ധർമ്മശാസ്ത്രം മനുഷ്യന് പലതും തോന്നും ചിലത് പുറത്തേക്ക് പറയാൻ പാടില്ലാത്തതാവും ചിലത് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ പറയാറില്ല അതുപോട്ടെ എന്തൊക്കെയാ പത്രത്തിലെ വാർത്തകള് മോശം അയ്യേ ഈ പരസ്യം മാത്രേ വായിക്കാറുള്ളൂ എന്താ വല്ല സമ്മാനങ്ങളും വരുത്താനുണ്ടോ സുലോചനക്കേ പണ്ടങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ വരുത്താനോ സ്കോളർഷിപ്പ് കൊണ്ട് ബുദ്ധിമാൻ പണം കൊറേ സമ്പാദിച്ചിട്ടുണ്ടെന്ന് തോന്നണല്ലോ വല്ല കമ്പനിയുടെയും ഏജൻസി പണി പറ്റിക്കാനാന്നർത്ഥം കിട്ടിയായി പറഞ്ഞിട്ട് വൈശ്യവൃത്തി സമുദായ പരിഷ്കാരം നടത്തുക ആദ്യം ആത്മപരിഷ്കാരം വരുത്തട്ടെ പിന്നെ ആവാം സമുദായത്തിനെ പരിഷ്കരിക്കലേ പരാശ്രയം വിട്ട് സ്വന്തം പ്രയത്നം കൊണ്ട് കഴിഞ്ഞു കൂടണല്ലോ അതിന് വല്ല ആവശ്യമുണ്ടുകളും പരസ്യം നോക്കിയത് സാമാനം വരുത്താനൊന്നും അല്ല കാര്യം പറയൂ ഭാവിയെ പറ്റി എന്ത് ആദ്യം വർത്തമാനത്തെ ആലോചിക്കട്ടെ വൈകുന്നേരം ചോറ് പക്ഷേ ഞാൻ തരാം നല്ലോണം ചൂട് കൊറേ പോട്ടെ അമ്പടി നമ്പൂരി തീണ്ടി തീറ്റ അല്ലേ കണ്ണു പൊട്ടും അത്രേ ഉള്ളൂ ഓത്തില്ലാത്ത നമ്പൂരിയല്ലേ അതുകൊണ്ട് ബ്രാഹ്മണ് കണ്ണു പൊട്ടിച്ചാ തന്നെ ഒന്നേ പൊട്ടുള്ളൂ പക്ഷേ തലക്കുഷ്ണം വർദ്ധിച്ചാ രണ്ടു കണ്ണും പൊട്ടും സുലോചനെ എന്റെ തലയുടെ ഈ ഉഷ്ണം തേച്ചുകുളിയോണ്ടൊന്നും മാറണതല്ല ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഇതാ കഴിഞ്ഞു ഇനി കോളേജിൽ പഠിക്കാൻ പണം തരാനാരാ വല്ല ക്ലാർക്കിന്റെ പണിയും കിട്ടുമോ നോക്കണം അതിനെന്നെത്ര അലയണം ക്ലാർക്കൊന്നും ആവണ്ട കോളേജ് പണം സുലോചന തരിയിരിക്കും ഞാനല്ലെങ്കിൽ വേറൊരാള് പണല്ലൊരു കാര്യം നടക്കാണ്ടിരുന്നിട്ടില്ല അത് ആദർശം സത്യം പറഞ്ഞാൽ എനിക്ക് പണം തരാൻ ആരാ എന്റെ സ്ഥിതി എന്താന്നൊക്കെ സുലോചനയ്ക്ക് അറിയില്ലേ സുലോചനയുടെയും അച്ഛൻ്റെയും കാരുണ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ സ്ഥിതി എന്താവും വെറുതെ വട്ടത്തിൽ നടക്കലെന്നെ ഉള്ളത് പറയുകയാണെങ്കിൽ ഇന്നേ നല്ലൊരു മുണ്ടോ കുപ്പായോ ഞാൻ ഇട്ടിട്ടില്ല പഴയ പുസ്തകങ്ങൾ കടം ഞാൻ പഠിച്ചേർന്നെ കുട്ടിക്കാലം മുതൽക്കെന്നെ എന്റെ സ്ഥിതി അതല്ലേ ഞാനീ ലോകത്തിലെത്തണതിന്റെ മുമ്പേ അച്ഛൻ മരിച്ചു തൊണ്ണൂറ് കഴിഞ്ഞപ്പോൾ അമ്മ എന്നെയും കൊണ്ട് ഈ ഇടയ്ക്കാട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവരുടെ ദയ കൊണ്ട് ജീവിച്ചു ഞാൻ കഴുത്തിലൊരു വട്ടമോതിരം കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇട്ടിച്ചിരിയുടെ അമ്മ തന്നതാ എന്നെ വേറൊരാളായിട്ട് അവർ കണ്ടിട്ടില്ല എൻ്റെ ജീവൻ എൻ്റെ മോഹങ്ങള് അവർക്ക് കിടപ്പെട്ടതാ അവര് തന്നെ ഇനിയും സഹായിക്കും അച്ഛനോട് ചോദിച്ചോ കോളേജിൽ ചേരണ്ട കാര്യം ഇല്ല എങ്ങനെയാ ചോയ്ക്ക ഒന്നും രണ്ടും ഉറപ്പിക്ക പോരല്ലോ അതൊന്നും സാരില്ല ഇവിടുന്ന് ചോദിക്കെന്നെ വേണം ചോദിക്കില്ലേ പഠിപ്പിന്റെ ഇന്ന് എന്നെ ചോദിക്കണം രാത്രി അച്ഛൻ മഠത്തിലേക്ക് വരുമ്പോ കൂടെ വരൂ അവിടെ വെച്ച് ചോദിച്ചാ മതി മനക്കിന്നു ചോദിച്ചാ തട്ടിത്തിരിപ്പിക്കാനും ആളുണ്ടാവും എന്താ അച്ഛന്റെ കൂടെ വരില്ലേ വരാം എന്താ മധു പറഞ്ഞോളൂ പത്താം ക്ലാസ്സില് ഞാൻ ജയിച്ചു ഇനിയും പഠിക്കാ ഫീസിനുള്ള വക സർക്കാരിന്ന് കിട്ടും കൊറച്ചും കൂടി പഠിച്ചാൽ കൊള്ളാന്നുണ്ട് രണ്ടു നാല് കൊല്ലം പുറമെ താമസിച്ച് പഠിക്കുമ്പോ ചെലവ് കുറച്ചധികം വരും നമ്പൂരികോടല്ലാണ്ടേ എനിക്ക് വേറെ ആരോടും പറയല്ല പഠിപ്പിലൊക്കെ എടുക്കുള്ള രണ്ടു മൂന്നാൾക്ക് സർക്കാരിൽ നിന്ന് ഇങ്ങനത്തെ സഹായം കിട്ടാറുള്ളൂ അത് വെറുതെ എങ്ങനെയായാലും അവിടത്തോട് സർക്കാരിനേക്കാളും സ്നേഹം അച്ഛനു തോന്നണല്ലോ ഉണ്ണിയാളും ആ പറഞ്ഞത് ആയിട്ട് പഠിക്കാണ്ടിരിക്കുക കഷ്ടം തന്നെയാ നമ്മളെ ഉണ്ണിക്കാച്ചാ പഠിപ്പിന്റെ ഒരു വിചാരവും ഇല്ല പഠിപ്പിക്കുന്ന വേണ്ടത് ഇവിടുത്തെ ഇത്ര സ്വഭാവ ഡോക്ടർ ഭാഗം തന്നെ പഠിക്കണം ഇപ്പോ വിധിയും വിധിന്യായുമൊക്കെ സർജ്മാ ചെയ്യാറായിട്ടുണ്ടോ അത് മതി ഇഞ്ഞീ ഇവിടെ കാര്യസന്മാരോടൊപ്പം കൂടിയിട്ട് കുറച്ച് കാര്യവിവരം ഉണ്ടാക്കുക എന്നാ കാര്യസനായിരിക്കാം സമ്പാദ്യം ഉണ്ടാവൂ ഞാൻ കിടക്കാൻ പോവായി കേട്ടോ സുലോചനേ കിടക്കാൻ തെക്കിനീന് വിരിച്ചു കൊടുക്കൂട്ടോ ഞാൻ പോയേക്കാം ചൂട് വല്ലാണ്ടണ്ട് ഞാൻ ഇവിടെ കിടന്നോളാം എന്താ ഈ അർദ്ധരാത്രിക്ക് എന്തിനെ എന്നെ വിളിച്ചു വളർത്തി കൊണ്ടുപോകുന്നത് എന്താണോ ഇതൊന്നും ശരിയല്ല ഞാൻ ഇങ്ങനെയല്ലോ സുലോചനെ മനസ്സിലാക്കിയത് ഓ ശരി തെറ്റു പരീക്ഷക്ക് പഠിച്ചു പഠിച്ചു തലക്കനും കൂടിയോ കളിയല്ല അതോണ്ട് എന്നെ ഇപ്പൊ വിളിച്ചുണർത്തിയത് അച്ഛൻ പണം തരില്ലെന്ന് തീർച്ചയായില്ലോ ഇനി കോളേജിൽ ചേർന്നതിനെ പറ്റി എന്താ വിചാരിക്കണേ പഠിപ്പൊന്നുമില്ല വല്ല ജോലിയും കിട്ടുമെന്ന് നോക്കാനാ നാളത്തെ പഠിക്കാൻ വല്ലോരും പണം തന്നാലും എത്ര ആളുകളാന്നല്ലേ എനിക്ക് പണം തരാ വളരെ ഒരാള് പോരെ ഈ കവറില് പണമുണ്ട് ഇത് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ളത് അപ്പു തന്നോളാം പണല്ല ഞിട്ട് പഠിപ്പ് നിർത്തേണ്ടി വരില്ല നാളെ എന്നെ ആപ്ലിക്കേഷൻ അയക്കോ എന്താ സുലോചനെ ഈ പണത്തെപ്പറ്റി സംശയിക്കണ്ട ഇതെന്റെ സ്വന്തം പണം അതുകൊണ്ട് അവിടുത്തെ അതല്ല എന്നെ ഒരു അന്യായിട്ട് കരുതച്ചാൽ ഇതും ഇനി തരണതും ഒരു കടായിട്ട് കരുതിയാ മതി പരീക്ഷ ഉദ്യോഗം കിട്ടുമ്പോ പലിശ കൂട്ടാണ്ടേ തിരിച്ചു തന്നോളൂ ഒരു ബാല്യകാല സുഹൃത്തിന്റെ തുച്ഛസംഖ്യ അച്ഛൻ തരില്ലെങ്കിൽ പണം തരാൻ വേണ്ടിട്ടാ ഇവിടത്തോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അച്ഛൻ പണം തരലുണ്ടാവില്ലെന്ന് ഞാൻ ഊഹിച്ചേർന്നു പിന്നെ എന്നോട് ചോദിക്കാൻ പറഞ്ഞേ എന്നാലും ചോദിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ അത് ചെയ്തുലോ പണം നാളെ തരാനേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ പിന്നെ അച്ഛൻ തീർത്തു പറഞ്ഞപ്പോ ഇവിടുത്തെ സ്ഥിതി കണ്ടിട്ട് നേരം വെളിച്ചവാൻ കാക്കണ്ടെന്ന് തോന്നി വൈകുന്നേരം പുഴയിൽ വെച്ച് പറഞ്ഞില്ലേ വല്ലവടത്തേക്കും പോവാന്നു ഇപ്പൊ പൊറത്ത് കടന്നാ മതി എന്തോ പന്തില്ലെന്നു തോന്നി അതോണ്ടാ ഈ പാതിരക്കെന്നെ വിളിച്ചുണർത്തിയത് വല്ലവടത്തേക്കും പോണ്ട ആളല്ല ഇവിടുന്ന് ഞാൻ അറിഞ്ഞിട്ട് അതിനെട്ട് സമ്മതിക്കൂല്ല ഞാൻ എന്താ സുലോചനോട് പറയേണ്ടത് എനിക്കറിയില്ല ഒന്നും പറയണ്ട ആ സമയത്ത് വന്ന് വിളിച്ചു നടത്തിയപ്പോ ഞാൻ ആകെ അമ്പരന്നു കൊറച്ചധികം പറഞ്ഞു പോയതാണ് തെറ്റിദ്ധരിക്കരുത് ഇവിടുന്ന് എന്തേ ഇന്നിത്ര വൈകിയത് നേരം കുറയായില്ലോ ഊണ് കഴിഞ്ഞിട്ട് ഒരു വഴിക്ക് ഇറങ്ങി താമസം പറ്റിന്നുള്ളൂ ഇവിടുന്ന് ഭാഗ്യവാനാണെട്ടോ ഒരു ദിവസമെങ്കിലും ഒരു വഴിക്ക് ഇറങ്ങാണ്ടിരിക്കില്ലല്ലോ ആട്ടെ ചരക്കെ എങ്ങനെ ഒന്നും പറയണ്ടോ നമ്പ്യാരെ ഇന്നത്തെ ഒരു മാറ്റിത്തം ഒന്നും ശരിയായില്ല വെറുതെ അവിടെ മുണ്ടു നനിച്ചിരുന്നു അത്ര തന്നെ എന്താ അങ്ങനെ കഴുവേറികള് ഞാനവിടെ ചെന്ന് നിക്കണ നാട്ടിയെ വേണ്ട അവറ്റയ്ക്ക് വാതിലേക്ക് തുറന്നില്ല ഇവിടത്തെ അങ്ങനെ കാണിച്ചോ എന്നാ അവറ്റൊരു പാഠം പഠിപ്പിക്കണല്ലോ നാളെ വിളിച്ചായാൽ പഠിഞ്ഞോളൂ അതെങ്ങനെയാ ഞാൻ ഇന്നൊരു പണി പറ്റിച്ചിട്ടുണ്ട് നല്ലൊരു ഇല്ലുമുള്ളും കെട്ടിടുത്ത ഉമ്മർത്ത് ചാരി അങ്ങോട്ട് വെച്ചു ഒരിലും അമ്മിക്കൊഴിയും കിണറ്റിലും ആ നമ്പിയേ അതെന്തായി ആ സുലോചന കുഞ്ഞൂട്ടി സമ്മതിച്ചോ നേത്യാരമ്മയ്ക്ക് സന്തോഷാണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ കൃഷ്ണനുണ്ണിക്കും സമ്മത പക്ഷേ അമ്മ അതാമ്മക്ക് അതിനത്ര തൃപ്തി പോരാന്ന് അപ്പനോ കാർന്നരെന്താ പറയണേ അവിടത്തേക്ക് ഇതിൽ അഭിപ്രായമൊന്നുമില്ല മകളുടെ ഇഷ്ടം എന്താച്ചാൽ അങ്ങനെ ഉള്ളു സുലോചന ഒന്നും അങ്ങോട്ട് തുറന്ന് പറയുന്നില്ലല്ലോ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ടാന്ന് അതുകൊണ്ട് കാര്യം തോന്നുന്നില്ല സുലോചനയുടെ ഇഷ്ടത്തിന് വിപരീതായിട്ട് അവിടെ നിന്നൊന്നും ചെയ്യില്ല സുലോചന അച്ചാൽ അവനോ നിരീക്ഷത സുലോചനെ തന്നെ പാട്ടിലാക്കാൻ നോക്കണം അതെ അതൊക്കെ പറയുമ്പോഴേക്ക് നടത്താം പക്ഷേ ഇവിടുന്ന് സംബന്ധത്തിന് ഉറച്ചതെന്താ ഏട്ടനെ പോലെ പെണ്ണിന്റെ അടിമയായിരിക്കാൻ വയ്യെന്നും എല്ലാറ്റിന്റെയും സ്വാദ് നോക്കി കഴിച്ചുകൂട്ടാൻ ആ ഭാവം പറഞ്ഞിട്ട് ഇപ്പഴെന്താ ഇങ്ങനെ പക്ഷേ സുലോചനെ സ്വാദ് നോക്കാൻ അങ്ങനെ കിട്ടണ കാര്യം കൊറച്ച് പ്രയാസ അപ്പോ ഇവിടുന്ന് സുലോചനയുടെ അടിമയായിരിക്കാൻ തന്നെ ഉറച്ചോ താനൊരു വിദ്യാസുരൻ തന്നെയാണോ നമ്പിയാരെ അവളുടെ സ്വാദറിയാൻ ഇതല്ലാണ്ട് വഴിയില്ല രുചി കുറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പോരും അത്ര തന്നെ അതവിടെ പറ്റുന്നു അത് തനിക്ക് കാണിച്ചു തരാടോ ആദ്യം താ ഈ സംബന്ധം ഒന്നും നടത്തി തരാ ഒക്കെ ശരിയാക്കാന്നേ ആലോചിക്കാം ആലോചിക്കാനൊന്നുമില്ല നമ്മൾ ആരെങ്കിലും ചെന്ന് ആയമ്മയോട് കുറെ ന്യായം പറയണം കാര്യവും നടന്നു പറയാൻ എളുപ്പണ്ട് പക്ഷെ ആരാ പോവുക എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്ത് ന്യായം പറയും അതെ ഞാനൊരു സൂത്രം കണ്ടിട്ടുണ്ട് അത് പറ്റില്ലെങ്കിൽ മതി നിങ്ങൾ ഉറപ്പിടാം നാളെ അതെ നാളെ ആണല്ലോ അമ്പലത്തിൽ പള്ളി വേട്ട ആ സരോജത്തിനെ പിടിക്കാം അവൾ വരാണ്ടിരിക്കില്ല അവളെ പിടിച്ചാ കാര്യം നടക്കും ബാക്കിയൊക്കെ ഞാൻ പിന്നെ പറയാം നാളെ താനിവിടെ നേരത്തെ എത്തണം എന്താ എത്തില്ലേ എത്തിക്കോളാം ആ എന്നാ നമുക്ക് ഇനി രണ്ടു കഴിഞ്ഞ് നോക്കാം വെളുക്കാൻ ഇനി ആ ശരി സരോജം പറ്റിക്കോ കാണാലോ ഏ എന്നോട് അത്രക്ക് ഏറ്റു പറഞ്ഞിട്ടുണ്ട് നെയ് വരാണ്ടിരിക്കില്ല അതാ ആരോ വരുന്നുണ്ടല്ലോ വിളക്ക് കാണാണ്ട് അതെ ഈ വഴിക്ക് ന്യാ നോക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം അവരെന്നാച്ചാൽ ഒക്കെ പറഞ്ഞ പോലെ കേട്ടോ അടുത്ത തറ വേഗം വിളിച്ചോളൂ എന്റെ എന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് പറയാം നോക്ക് പുഴക്കടവലോളൊന്നു പോവുക വേറെ ആരെങ്കിലും കൂടി കൂട്ടായിരുന്നു ഏയ് അതൊന്നും വേണ്ട സുലോചന ഉണ്ടായാ മതിലോ മേളം തുടങ്ങോളും അവിടെ കാളുണ്ടാവും എന്നാ പോവാ നടന്നോണ്ട് പറയാം എന്താച്ചാ പറഞ്ഞോളൂ കുഞ്ചിത്തമ്പുരാനായിട്ട് അവര് വേഴ്ച ആലോചിക്കണോന്ന് കേട്ടു ശരിയാണോ ശരിയായിരിക്കാം അമ്മയും അപ്പം തമ്പുരാനും ഒക്കെ സമ്മതിച്ചു ഞാൻ കേട്ടത് ഉപരിക്കും അപ്പോ അടുത്തന്നെ നടക്കായിരിക്കും അല്ലേ അതുണ്ടാവില്ല ഉം അതെന്താ ഞാനും സമ്മതിക്കണ്ടേ സുലോചനക്ക് അതിൽ സമ്മതക്കേടുണ്ടാവുവോ എന്താ ഇണ്ടായിക്കൂടാന്നുണ്ടാവും കാരണൊന്നും കാണുന്നില്ല എന്താ സമ്മതക്കേട് പറയൂ എനിക്ക് വിവാഹത്തിന് കാലായിട്ടില്ല അതന്നെ അതൊക്കെ ഇപ്പൊ പറയല്ലേ സുലോചന ശരിക്കുള്ളത് പറയൂ ശരിക്കും എനിക്ക് വിവാഹത്തിന് കാലായിട്ടില്ല എന്നാ കാലാവ അതിപ്പോ പറയാൻ പറ്റുവോ കാലാവണവരെ അവിടെ നിന്ന് കാത്തിരിക്കോ അവിടത്തേക്ക് സുലോചനയുടെ നേരെ അത്രക്കുണ്ട് താല്പര്യേ സരോജം അവിടുത്തെ അറിയാത്ത കൂട്ടത്തില് സംസാരിക്കുകയാണല്ലോ അവിടെനിന്ന് അത്ര സ്ത്രീലമ്പടം എന്നാണെന്ന് ഉള്ളൂ ആളുകൾ ഇല്ലാത്തത് പറയും അല്ലെങ്കിൽ തന്നെ ആണുങ്ങളാവുമ്പോ അങ്ങനെ ചിലതൊക്കെ കുറേശണ്ടാവും അത് സാരൊന്നുമില്ല കല്യാണം കഴിഞ്ഞാൽ അതങ്ങട്ട് മാറും ചെയ്യും മാറിയാലും വേണ്ടില്ല ഏറിയാലും വേണ്ടില്ല എനിക്ക് ഒരേ പിന്നെ എന്താ എനിക്ക് മനസ്സിലാവണില്ല നാട്ടിലുള്ള പെൺകുട്ടികളിലെല്ലാം താല്പര്യത്തോടുകൂടി അവർക്ക് യൗവനം തികയുന്നത് കാത്തിരിക്കുന്ന ഒരാൾക്ക് എന്നിൽ താല്പര്യമുണ്ടെന്നും കാത്തിരിക്കാമെന്നും പറയണേന്റെ അർത്ഥം നിക്കും മനസ്സിലാവണില്ല ഞാൻ മറ്റൊരാളെ വിവാഹം ചെയ്താലും അവിടുന്ന് എന്നെ കാത്തിരുന്നോളും അല്ലേ ഇതും സരോജത്തിന് അറിവുണ്ടായിരിക്കും ഇതെന്തോ ചതിയാണല്ലോ പ്ലാനൊക്കെ പൊളിഞ്ഞുല്ലേ എന്നാലും ഇത്ര അന്തല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ അപ്പൊ സരോജൻ സാരാകിയില്ല എന്റെ വാക്ക് നമ്മുടെ വലയിന്ന് ചാടിയില്ലേ സുലോജനാല് തകരാറാക്കിയത് നല്ലൊരവസരായിരുന്നു വെറുതെ പോയി ഞാനവനോട് പറയുകയൊന്നുല്ലേ മനസ്സിത്രന്ന് അവനും വല്ലാണ്ട പരിഭ്രമിച്ചിട്ടുണ്ടോ അതാവും ആള് മാറിയത് അട്ടെ സരോജും വല്ലാണ്ട പേടിച്ചോ ആദ്യം കൊറച്ച് പേടിക്കന്നെ ചെയ്തു ആരാ എങ്ങടാന്നൊക്കെ അറിയാഞ്ഞിട്ട് ഇവിടത്തെ കണ്ടപ്പോ അടിയന് മനസ്സിലായി ആള് മാറിയതാന്ന് അല്ലെങ്കിലും അടിയൻ ഇതിനെ പേടിക്കണത് ഒരിക്കൽ കൂടി അവളെ ഒന്ന് ചാടിച്ചു തരാൻ പറ്റുമോ സരോജത്തിനെ പിന്നെയും ഇവിടത്തേക്ക് ആ പൂതി വിട്ടിട്ടില്ല ആ കലോറക്കാരൻ തിരുമേനിയെ പോലെ ഇവിടത്തേം അവള് ചിങ്ക് കളിപ്പിക്കും സരോജം എന്നെ ഒന്നുകൂടി സഹായിക്കു ആ വെട്ടാത്ത നായർക്ക് കീറാത്ത മുട്ടിന്നുണ്ടല്ലോ അല്ലേ അടിയൻ എന്താച്ചാ ചെയ്യാ അതല്ല കാര്യം ഇവിടെന്ന അടിയനെ നേരം തൊടിയേക്കാണ്ട പുഴലെത്തന വരെ എടുത്തും കൊണ്ട് ഓടിയില്ലേ അപ്പൊ അടിയൻ ഇങ്ങനെ എന്താ പറയേണ്ടത് ഉള്ളുകൂടി ഒരു ഒരു എങ്ങനെയാ പറയ സരോജത്തിനെയും സുലോചനെയും രണ്ടാളെയും ഒപ്പം എടുത്തുകൊണ്ട് ഓടാൻ ഞാൻ രസല്ലേ സരോജം എന്റെ സരോജം ഞാൻ കല്ലും മുട്ടിയൊന്നല്ലോ സരോജത്തിനെ കാണാൻ ആയപ്പോ ഞാൻ മരിച്ച കൂട്ടത്തിലായി ഇപ്പൊ കണ്ടു കിട്ടി എന്തെങ്കിലും അങ്ങനെയൊന്നും പറ്റിയില്ല കുറച്ച് പേടിച്ചു എന്തായത് ഞാനും സുരോജനയും കൂടിട്ട് പുഴക്കടവിലോളൊന്നു പോയതാ വഴിയിലൊരു പുളി നിക്കണില്ലേ അതിന്റെ ചോട്ടിലെത്തിയപ്പോ ആരോ ഒരാള് വന്ന് എന്നെ അങ്ങനെ എടുത്തു യും ചെയ്തു പിന്നത്തെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ബോധമുണ്ടായപ്പോ ഞാൻ ഇവിടെ അടുത്ത കുഞ്ചത്തമ്പരാനും ഉണ്ടായിരുന്നു എന്തൊക്കെയുണ്ടായത് കുഞ്ചു ഞാൻ രാത്രി ഊണ് കഴിഞ്ഞ അമ്പലത്തിലേക്ക് പോവായിരുന്നു ഉത്സവക്കാലല്ലേ കുറച്ച് പോയപ്പോണ്ടൊരു നെലോളി പെണ്ണിന്റെ ശബ്ദം തോന്നി ടോർച്ചടിച്ചു നോക്കിയപ്പോൾ ആരോ ഒരു കൂട്ടൻ ഒരു സ്ത്രീ എടുത്തുകൊണ്ട് ഓടതാ കണ്ടത് ഓടിയടുത്ത് ചെന്നപ്പോഴാ സരോജത്തിനെ കൊണ്ടുപോവാന്ന് മനസ്സിലായത് പിന്നെ ഞാൻ ഒന്നും നോക്കാൻ നിന്നില്ല സരോജത്തിനെ രക്ഷിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു അത് വിചാരിക്കുമ്പോ എനിക്ക് ഒന്നും ആളെ പിടിക്കുകയും സരോജത്തെ രക്ഷിക്കുകയും രണ്ടും കൂടി സാധ്യമല്ല എന്ന് കണ്ടപ്പോ ഞാൻ പിന്നെ അതിന് ശ്രമിച്ചില്ല സരോജത്തിനെ എടുത്തുകൊണ്ട് പോന്നു ഞാൻ ഇവിടെ വന്നപ്പോഴും തീരെ ബോധം വിവരത്തിന് അമ്പലത്തിലേക്ക് ആളെ അയച്ചളയാമെന്ന് വെച്ചാൽ ഒരാളു വേണ്ട ഇവിടെ സരോജത്തെ തന്നെയാക്കി പോവാൻ പറ്റില്ല ഞാൻ പിന്നെ എങ്കടും പോയില്ല രണ്ടു മൂന്ന് മണിക്കൂർ വേണ്ടി ഒന്ന് ശെരിക്കു ബോധം ഞാൻ എപ്പോഴും പറയാറില്ലേ സരോജം ഉത്സവകാലത്തൊക്കെ അമ്പലത്തിൽ പോകുമ്പോ നന്നായി മനസ്സിൽ എത്തണമെന്ന് എത്ര പറഞ്ഞാലും പിന്നെ ഇങ്ങനെയായാലോ ഏതായാലും ആപത്തൊന്നും കൂടാതെ കാത്തുല്ലോ ദേവര് ഞാനും ഒറ്റയ്ക്ക് അല്ലല്ലോ പോയത് സുലോജിനെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ പുറപ്പെട്ടത് വിളിച്ചു കൊണ്ടുപോയി കള്ളന്മാരെ കൊണ്ട് പിടിപ്പിക്കാച്ചാ ഞാൻ പിന്നെ എന്താ ചെയ്യാ എന്നെ കൊണ്ടാവില്ല ഇങ്ങനത്തെ ദിക്കില് കഴിച്ചോട്ടെ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയാ മതി അപ്പളക്ക് അനുഭവിച്ചാലോ സരോജും ഞാൻ അതിന് പകരം ചോദിച്ചോളാം എന്തിനാ ഈ വലിയ വർത്താനൊക്കെ പറയുന്നത് എനിക്ക് അറിയില്ലേ അത് ഞാൻ കാട്ടി തരാം കാപ്പി കഴിഞ്ഞു ഇവിടുന്ന് അങ്ങട്ടെറങ്ങട്ടെ എന്താ കോന്ത കാപ്പി ഇ കൊണ്ടുവരാത്തത് കുഞ്ചോ ഓ കാപ്പി കുടിച്ച് പോയാ മതിട്ടോ ആ അപ്പോളൊക്കെയും ഞാനൊന്ന് കുടിച്ചാണ് വരട്ടെ സരോജത്തിന്റെ നാടകം അതിക്യമായിട്ടോ ഇവിടുത്തെ അഭിനയ മ്മക്ക് എത്ര പ്രായ മുത്തമ്മ പന്ത്രണ്ട് വയസ് എത്ര കുട്ടായിരുന്നു എന്നിട്ട് അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് കൊടുക്കേ എത്ര ഇങ്ങനെ ചോദിക്കേ മുത്തോടെ എന്നിട്ട് മുത്തശ്ശിമ പറയൂ എന്തൊക്കെയാണ്ടായത് കണ്ട നല്ല കൂട്ടത്തിലായിരുന്നു നിക്കാളി നല്ല നിറം തലോടിയാച്ച ചന്ദ താഴെ എന്നാലും പെങ്കട കഴിയണ്ടേന്ന് നിരിച്ചിട്ട വല്യപ്പൻ അമരത്താട്ടിക്ക് കൊടുക്കാന്ന് വെച്ചതേ അഞ്ചാം വേളിക്കാണ് നാലും വേളിക്രിയ നടക്കണേന്റെ ഇടയ്ക്കല്ലേ ഇണ്ടായത് എന്ത് കുടിയെ അമ്മി ചവിട്ടിക്ക എടുത്ത് പോക്കുമ്പോ വേക്കണാളങ്ങട് വീണു തല അമ്മിയുമ്പങ്ങി അയ്യോ അതിനാല് കഴിഞ്ഞേ ഉള്ളൂ പിന്നെ ക്രിയയാണെങ്കിൽ പകുതിയാക്കി വെക്ക എന്താ പിന്നത്തെ ഒരു കഥ പിന്നെന്തൊക്കെ ഉണ്ടായത് അമ്മ ചോമാരിവനും അപ്പനോക്കിനും കൂടി ഗ്രന്ഥായ ഗ്രന്ഥമൊക്കെ എടുത്തു നോക്കി ഒടുക്കം അമരത്താട്ടെ അച്ചമ്പൂരിയുടെ സംസ്കാരം അങ്ങോട്ട് കഴിച്ചു എന്ന് പറഞ്ഞാൽ മതിലോ അപ്പൊയോ നിക്കാലിയുടെ ക്രിയേം കൂടി കഴിഞ്ഞില്ലേലോ അപ്പൊ തറവാട്ടിലെ കുടി വെച്ചതൂല്ല അപ്പൊ പിന്നെ നമ്പൂരിയുടെ പിണ്ടം വെച്ചതെവിടെ തറവാട്ടില് വയ്ക്കു അതൊന്നും വയ്യേ ഇല്ല തന്നെ വെക്കൂ പെങ്കിടാവായിട്ട് എന്നെ ഇരുന്നു മരിക്കോളം നഴുത്തിച്ചരട് ഇല്ലാണ്ടേ കഷ്ടെ മുത്തൊക്കെ കഷ്ടം തന്നെയാണ് എന്താ ചെയ്യ ഓരോരുത്തരുടെ യോഗ അല്ലേ ആ സുലോചന അല്ലേ വരണേ എന്തോണ്ടല്ലോ മധുവിന്റെ കത്താണോ ആ ഒരു കറന്യാ എന്തൊക്കെയാ കൂട്ടം കൂടുതല് മധുവിന്റെ കത്തും കൊണ്ട് വരികയാണോ സുരോധന അതെ നാളെ പരീക്ഷ തുടങ്ങുകയാണത്രേ ഇവിടെ സ്ത്രീലാത്ത് വിളക്ക് വെക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ എന്താ പറയണേ മധുരാശീന്നെയ് എഴുത്തുണ്ടെന്ന് നാളെ പരീക്ഷ തുടങ്ങാണ് നല്ലോണം പ്രാർത്ഥിക്കണം ആ നിരീക്ഷണൊക്കെ ഇണ്ടേ പ്രാർത്ഥിക്കാറും ഒക്കെ ജയിച്ചു നേരെ അവിടെ എപ്പോഴും വിചാരിക്കാറുണ്ട് മധുവിന്റെ സ്വഭാവത്തിനൊരു വിശേഷണ്ടേ പിന്നെന്തൊക്കെയാ കത്തിലെ അവിടെ ചൂടും പരീക്ഷ ചൂടും പിന്നെ ഏതോ ഡോക്ടറുടെ അടുത്ത് പ്രാക്ടീസും ഉണ്ടത്രേ എല്ലാം കൂടി ഒന്നിനും ഇട കിട്ടണില്ലാന്ന് എന്നാലും ഇതിന്റെ ഇടയിലും കത്തയച്ചോ സന്തോഷായില്ലേ അത് ശെരിയാ പക്ഷെ വേറൊരു കാര്യത്തിനും കൂടിയിട്ടാ കത്ത് അതെന്താ പുഴയുടെ തെക്കേക്കരയില് ആ രാമമേനോന്റെ ബംഗ്ലാവ് മേനോൻ അവിടത്തേക്ക് ഡിസ്പെൻസറി തുടങ്ങാൻ കൊടുത്തു നന്നായിട്ടോ ആ വിവരം ഇവിടെ എല്ലാരോടും വേറെ വേറെ പറയണെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാ അവള് പറയണേ മധുവിന്റെ വർത്തമാനങ്ങളാണേ ഇവിടെ എല്ലാരോടും വർത്തമാനം പറയണമെന്ന് എഴുതിട്ടുണ്ടത്രേ ഓവ കൊറേറെ മധുവിന്റെ ബുദ്ധിക്കൊരു ഗുണം നാളെ കുഞ്ചുവിന്റെ ഓരോ കാട്ടായങ്ങൾ കേട്ടിട്ട് മധു അയാളെ ശി ഗുണദോഷിച്ച് എഴുതി കേട്ടു ും ഭാഗ്യം മധു ഇനി എന്നാ വരണ സുലോചന വല്യ ഡോക്ടറായിട്ടങ്ങനെ വരും അല്ലേ ടിച്ചിരി ഇങ്ങനെ ബ്രഹ്മം കണ്ടിരിക്കാണ്ടേ സുലോചനയ്ക്ക് ആ നേദിച്ച അപ്പവും മടയും ഒക്കെ ഒന്ന് കൊടുക്ക ഇന്നലെ ഇവിടെ കുട്ടന്റെ കുട്ടിയുടെ തലോടി കളയലിറന്നേ നേദിക്കാണ്ടാക്കിയതാ അപ്പം സുലോചന ഇന്നലെ കണ്ടില്ലല്ലോ ഇവിടെ വലിയ തിരക്കൊക്കെ ഇല്ലായിരുന്നു അതോണ്ടേ അമ്മേ അമ്മയുണ്ടോ അവിടെ എന്താ അപ്പോ പട്ടേരി പങ്കെടുക്കണത് എന്തിനാന്ന് പറയണ്ടായില്ലോ എന്തിനാ ഇവിടെ പെൺകുടക്കാച്ച വൈകിയെടുക്കണുല്ലോ താരത്തിൽ അങ്ങോട്ട് തരാവുക അതങ്ങട്ട് കഴിച്ചാന്താന്ന് ഇരിക്കേ അതങ്ങനെ അച്ചോളൂ പെണ്ണിനെ ചോദിക്കുമ്പോ കൊടുത്തില്ലാച്ച പിന്നെ കൊടുക്ക കഴിയാൻ നന്നായി മേലാറ്റൂര് അച്ചമ്പൂരിയുടെ ഉടപ്പുറന്നോളായിട്ടൊരു പെങ്കിടാവ് നോക്കണ ദിക്കിലിരിക്കൊക്കെ സമ്മതല്ലാന്ന് പറഞ്ഞത്രേ ഒടുക്കം കൊടുക്ക കഴിഞ്ഞില്ലാന്നൊക്കെ കേട്ടിട്ടുണ്ട് അതെ അതെ അതെന്നെ നിരിച്ച് പാലപ്പുറമ്പിലെ മഹൻറെ മൂന്നാം വേളി കഴിഞ്ഞിട്ടില്ല അവിടെയും പെങ്കുട മാറ്റായിട്ട് അങ്ങട് കഴിച്ചാ തരക്കട്ടില്ല പട്ടേരി അയിനിപ്പോ ഇവിടെ മാറ്റത്തിന് ആരാ രണ്ടാം വീടാവാലോ ആ സകല കൂടി ഒട്ടും തരക്കടില്ലാന്ന് എനിക്കും തോന്നി പാലപ്പറമ്പില് കഴിയാൻ കഷ്ടിയാ കേട്ടെടുക്കണ കഴിയാൻ കഷ്ടിച്ചൊക്കെ വലിയ കഥയില് കാണിച്ച പറ്റോ കുട്ട സമ്മതിക്കോ സമ്മതിക്കാൻ ഞാൻ പറ്റോ കുട്ടാ രണ്ടാമത് വെക്കാൻ എന്നെ കൊണ്ട് പ്രയാസാ എനിക്ക് വയ്യ ആട്ടിക്ക് ഞാൻ മോത്ത് ഓരോന്ന് തോന്നിയാസുകളും ഇങ്ങനെ പറയാ വേക്കില്ല അത്ര പഞ്ഞ് പറയിപ്പിക്കണതാ ഇതൊക്കെ എനിക്ക് ഇഷ്ട ആകത്തും കൂടി ഒന്ന് ചോദിച്ചോളൂ നമ്പൂരിന്ന് പട്ടേരി പറയോണ്ടേ ഞാൻ ചോദിക്കാ വന്നത് ഹീ ഇത് ഞാൻ തന്നെയാ നിശ്ചയിക്കാൻ ഞാൻ തീർച്ചയാക്കിയെടുക്കണു പെൺകുടയും വേടിയും തീർച്ചയാക്കി ടോ പട്ടേരി ഇങ്ങോട്ട് തോന്നോളൂ നിശ്ചയം കഴിക്ക ഞാനൊരു നിലവിളക്ക് കൊളച്ചു കൊണ്ടിരട്ടേ എന്താ ഞാൻ പറയേണ്ടത് കുട്ടി നമ്മളൊക്കെ അതിനായിട്ട് ജനിച്ചോരല്ലേ എനിക്ക് വയ്യാട്ടോ അതിനൊക്കെ സമ്മതിച്ചു നിൽക്കാൻ സമ്മതിക്കണേ അതൊക്കെ നടന്നോളും സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇത് നടക്കില്ലാട്ടോ എടുത്തി കണ്ടോളൂ പിന്നെ പറഞ്ഞില്ലാന്ന് പറണ്ട എന്ത് പറഞ്ഞില്ലാന്ന് എനിക്ക് അവിടെ ചെന്ന് ആ എഴുത്തിയാരുടെ തല്ലും ശകാരും കേട്ട് ജന്മം കഴിക്കാൻ വയ്യാന്ന് തീർച്ചയാണ് നീ എന്തൊക്കെയാ പറയണേ ടീച്ചിരി നമുക്ക് കാരണവുമാരെ അനുസരിക്കണ്ടേ അവരെ തെറ്റി നടക്കാൻ പാടുണ്ടോ എനിക്ക് എന്റെ കാര്യം നോക്കണം ആരെന്ധരിക്കാനും തെറ്റി നടക്കാനൊന്നും അല്ല അമ്മയും എടുത്തിയൊക്കെ വിചാരിക്കുമ്പളാ നീ വേണ്ടാത്തൊന്ന് ആലോയിക്കരുതേട്ടിച്ചിരി വിധിച്ചതേ വരൂ എന്റെ വിധി അതാണെന്ന് തീർച്ചയാക്കും ഇതിലേറെ ഭേദാത വണ്ടിക്ക് ഷൊർണൂര് വന്നി നേരം പോരാത് അത് മധുവിന്റെ ശബ്ദല്ലേ ആ മധു വന്നു ടീച്ചരി ഞാനൊന്ന് പോയോ കട്ടിട്ടു ഹായ് മധു വന്നു ഈ വിവരൊക്കെ അറിഞ്ഞോ എന്തായാലും കാത്തിരിക്കണന്നല്ലേ പറഞ്ഞായിരുന്ന മുമ്പേ ഇപ്പൊ വലിയ ആളായി എന്നെ മറന്നിട്ടുണ്ടാവു ആവോ എന്റെ പേരുത്രികോവിലപ്പാ വലക്കരുതേ ധാരാത് മധു അല്ലേ എപ്പളേ വന്ന് എത്ര കാലായി കണ്ടിട്ട് ഇപ്പതാ വന്നേള്ളൂ കുപ്പായും പെട്ടിയും പത്തായിപ്പരയിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് പോന്നു ദണ്ണൊന്നും ഇല്ലല്ലോ ഏയ് ഒന്നൂല്ല എല്ലാരുടെയും മാറ്റാനല്ലേ മധു വന്നത് കഴിഞ്ഞോ മധുവിന്റെ പഠിപ്പൊക്കെ തൽക്കാലം എന്താ അവിടെ പഠിച്ചേർന്നത് ഇംഗ്ലീഷ് വൈദ്യ അപ്പൊ ചെല കീറലും മുറിക്കിലും ഒക്കെ വേണ്ടിയിരുന്നു സുലോചന പറഞ്ഞു ശവത്തിന് തൊടലും കീറലും കൂടി വേണത്രേ അല്ലേ അപ്പൊ ശവശുദ്ധ ആവില്ലേ അവിടെ ആളുണ്ടാവോ മധു അത്രക്കൊക്കെ അങ്ങനെ എടുത്തെടുത്ത് മറ്റുള്ളവരുടെ ദണ്ണം മാറ്റാൽ ഇതിലേറെ വലിയ പുണ്യം ഞാൻ എന്താ എന്താ പൂമോത്ത് പുറമെ നമ്പൂരാരെ കണ്ടത് ആരുടെ ഓ എന്താ വരാ എന്താണാവോ പറയണ നീ എനിക്ക് എപ്പഴും ഒരു പേടിയാണിപ്പോ മധു കുളിച്ചു വന്നോളൂട്ടോ എന്തെങ്കിലും കഴിക്കാലോ അവിടെയും അപ്പൊക്കെ ഇണ്ട മധുവിന് വല്യ ഇഷ്ടല്ലേ അപ്പൊ മധു ഒന്നും അറിഞ്ഞില്ലേ ഇവിടെ പിറന്നാളൊന്നും അല്ല പിന്നെന്താ ഇട്ടിച്ചിരിയുടെ പെങ്കുട നിശ്ചയിക്കാണ് പാലപ്പറമ്പിലേക്ക് മൂന്നാം മേളിക്ക് അവിടെ അച്ഛ ഉണ്ണാനും കൂടി കഷ്ടിയത്രേ പെങ്കുടഭാരം കഴിയൂലോന്നു മാത്രമേ ഉള്ളൂ അപ്പന് ഇട്ടിച്ചിരി എന്താ പറയണ എന്തു പറയാൻ ഇല്ലങ്ങളിലെ പെങ്കിടാങ്ങൾക്ക് നാവില്ലല്ലോ ചെവി അല്ലേ ഉള്ളൂ ഒക്കെ കേക്കുക അനുഭവിക്ക ഒന്നും മിണ്ടരുത് ടീച്ചറിയുടെ വിഷമം കാണാ വയ്യേ രാവിലെ നേരത്തെ എത്തിന്ന് കേട്ടു ആ അവിടെ കാണുന്നു അതാ ഈ വഴിക്ക് വരാഞ്ഞത് നേരമ്മ അമ്മ കിടക്കുക ഉറക്കാവൂ എനിക്ക് ചില കാര്യം പറയാണ്ട് പറയൂ ഒന്നല്ല ഒരു നൂറ് കാര്യം പറയോ ടിച്ചേരിയുടെ ആലോചന വന്നപ്പോ തന്നെ ഞാൻ അറിഞ്ഞു പട്ടേരി പാട്ടിലിക്ക് പ്രായം അമ്പത് കഴിഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു അയ്യോ എന്താ പറയാ കഷ്ട ഒരു സ്ത്രീക്ക് ഇതിലും വലിയ കഷ്ടം ഇനി വരാനില്ല അത് ബോധ്യായിട്ടും അത് കൂടാണ്ട് കഴിക്കാൻ സുലോജന എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തത് തടയേണ്ടത് സുലോചനയുടെ ഭാരാന്ന് തോന്നിയില്ലേ എന്താ ചെയ്യാന്നോ ഓർമ്മയുണ്ടോ നമ്മളൊപ്പം കളിച്ചു വളർന്ന് ഒരമ്മയുടെ മക്കളെ പോലെ കഴിഞ്ഞത് പോരെങ്കിൽ ടിച്ചിരി സുലോചനയുടെ ശിഷ്യത്വം കൂടിയാണ് അവൾക്ക് ഇത്ര വലിയ ആപത്ത് വരുമ്പോ അത് തടയണ്ടേ ഞാനെങ്ങനെയാ തടയ്യ ഇതല്ലെങ്കിൽ വേറെ ഒരു പട്ടേരിപ്പാട് വരും ഇതുപോലെയോ ഇതിലധികോ പ്രായമായിട്ട് എല്ലാരെയും തടയാൻ പറ്റുമോ ഇത് വിടത്തൊരു സമ്പ്രദായതേ ഇല്ല കർത്തവ്യം ശരി ഞാൻ കർത്തവ്യം മറന്നു ഇനി അവിടത്തേം കർത്തവ്യാണല്ലോ ഈ ദുർദശമാറ്റില് എന്താ ചെയ്യണേ എനിക്ക് ചെലത് ചെയ്യാൻ പറ്റും അത് ചെയ്യുകയും ചെയ്യും അപ്പോ സുലോചനയുടെ സഹായം വേണമെന്ന് അപേക്ഷിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് ഞങ്ങളുടെ സമുദായത്തില് ഇങ്ങനെ അനേകം ഇട്ടിച്ചെരിമാരുണ്ട് ഓരോ മഹന്മോസും ഓരോ വാരിക്കുഴിയാണ് അതില് മൂന്നും നാലും പിടിയാനകള് വന്ന് വീഴും ചിലത് അപ്പത്തന്നെ ചാവും ചിലത് കിടന്ന് നരകിക്കും ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ ഒരു വഴിയുണ്ട് മനസ്സിലായി പക്ഷേ വരട്ടെ ഞാൻ പറയണത് കേക്ക് അപ്പോ ഞാൻ എന്റെ സമുദായത്തിൽ നിന്നെ വേളി കഴിക്കണം അത് ഇട്ടിച്ചിരിയായാൽ എന്താ ദോഷം ഞാനിത് സുലോചനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല തെറ്റായി മാപ്പു തരണം അതില് മാപ്പു ചോദിക്കാനൊന്നുമില്ല അവനവന്റെ അനുരാഗം ആരും വിളിച്ചു പറഞ്ഞു നടക്കാറൊന്നുമില്ലല്ലോ അങ്ങനെയല്ല ഇത് എന്റെ ഈ ആഗ്രഹം നടക്കാൻ വലിയ പ്രയാസാന്നും എനിക്കറിയാം അതെ അതാ ഞാൻ പറയാം ഭാവിച്ചത് തീരെ സാധ്യല്ലാത്ത ആ കാര്യം അവിടുന്ന് ആഗ്രഹിച്ചോന്നോ അത്ഭുതം ഇത് സാധിക്കാൻ സുലോചനയുടെ സഹായം കൂടിയ കഴിയും എനിക്കൊന്നും ചെയ്യാൻ പറ്റും തീർച്ചയാണ് കൊറേം കൂടെ മുമ്പ് പറഞ്ഞുവെച്ച എളുപ്പത്തിൽ പറ്റിയായിരുന്നു അത് ഞാൻ ചെയ്തില്ലല്ലോ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്താച്ച ശരിക്കും അങ്ങോട്ട് പറയൂ എന്റെ ഈ ആഗ്രഹം സുലോചന സാധിപ്പിച്ചു തരണം വേറെ ആർക്കും ഇത് പറ്റൂല്ല എന്റെ സ്ഥിതി അറിയണ്ടത് അല്ല സുലോചനെ ഇതിൽ നിന്ന് മാറി നിൽക്കരുത് നിൽക്കോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സുലോചന സാധിപ്പിച്ചു തരില്ലേ ഞാനോചിക്കാം ജീവിച്ചിരുന്നിട്ട് എനിക്ക് വയ്യ അവിടെ പോയി നരകിച്ച് കഴിയാൻ എന്റെ ഒക്കെ മോഹനായിരുന്നു ഒക്കെ വെറുതെ അപ്പൊ പിന്നെ ഇതിവിടെ അവസാനിപ്പിക്കാൻ എന്നെ അമ്മ എടത്തി മധു സുലോചന എല്ലാവരും ഓർമ്മയുണ്ട് അമ്മേ എന്നോട് ക്ഷമിക്കണം കേട്ടോ ചെയ്യാണ്ടിരിക്കാം അയ്യു ചെയ്യാണ് എന്റെ പേര് നൃക്കോവിലപ്പാ എനിക്ക് ഗതി വരുത്തണേ ദേവി നിന്റെ മണൽത്തട്ടിൽ വെച്ചു തുടങ്ങിയത് നിന്റെ ജലപ്രവാഹത്തിൽ തന്നെ അവസാനിക്കട്ടെ മധു എന്നെ മറന്നേക്കോ മണൽത്തിട്ടിൽ വെച്ച് ആരംഭിച്ചത് ജലപ്രവാഹത്തെ കടന്നു മുഴിമിക്കട്ടെ അതെ പരിഭ്രമിക്കണ്ട പോവാ കാര്യമൊക്കെ പതുക്കെ പിന്നെ പറഞ്ഞു തരാം ഇനിയൊരു ജീവിതം ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല സുലോചനെ അതാണ് സുലോചനൊരു വാക്ക് ആ നിഘണ്ടില്ല എന്നെ ഇങ്ങനെ ഒരു സ്ഥിതി എത്തിച്ചതും എന്നാലും കഴുത്തിൽ കിടക്കണ സ്വർണച്ചങ്ങല ഊരി എന്റെ കഴുത്തിലും വെറലിലെ മോതിര ഊരി മധുവിന്റെ വെരലിട്ടോ എനിക്ക് എന്തോ വിഷമം തോന്നി പാവം വരാൻ പാടുണ്ടോ വരട്ടെ പിന്നെ മതി ഞാൻ പോയി നോക്കട്ടെ നിനക്ക സുലോചനെ എന്താ നിങ്ങളെയൊക്കെ ഇനി കാണാൻ തരാവുന്ന നിരയിച്ചില്ല അമ്മേ അമ്മ കരയരുത് കേട്ടോ അയ്യോ കുട്ടി നീ എന്തൊക്കെയാ പറയണത് വരും വൈദ്യൊന്നും വേണ്ടച്ഛ വൈദ്യന്റെ സഹായം ഇല്ലാണ്ട് എന്നെ മനുഷ്യന് മരിക്കാൻ സാധിക്കും അതിനാ ഞാൻ ഭാവിക്കണം അയ്യോ ഇങ്ങനെയൊന്നും എനിക്ക് കുറച്ചു സമയം കൂടിയേ ജീവിതമുള്ളൂ അതിന്റെ മുമ്പേ എനിക്ക് അച്ഛനോടൊരപേക്ഷയുണ്ട് അത് സാധിപ്പിച്ചു തരാമെന്ന് പറയണം നീ പറഞ്ഞത് എന്തെങ്കിലും ഞാൻ സാധിക്കാട്ടി സാധിപ്പിച്ചോളാംന്ന് ഏറ്റു പറയണം എന്തായാലും ഇച്ചിരി ഉണ്ണിക്കടാവിനെ കാണാനില്ലാലോ നിക്ക് അറിയാം അവിടുന്ന് എവിടെയാന്ന് എവിടെയാ എവിടെയാ അപകടൊന്നും ഇല്ലാണ്ടേ സുഖമായിട്ടിരിക്കുന്നുണ്ട് അച്ഛ എന്നോട് ക്ഷമിക്കണേ ഞാനാണ് അവിടുത്തെ അവിടെ കൊണ്ടാക്കിയത് ഒരു വയസ്സെന്റെ മൂന്നാം വേളിക്ക് തന്നെ കൊടുക്കാൻ പുറപ്പെട്ടപ്പോ അവിടുന്ന് ദുഃഖം കൊണ്ട് രാത്രി പുഴയിൽ ചാടി മരിക്കാൻ പുറപ്പെടുകയായിരുന്നു ഞാനതറിഞ്ഞ് അവിടുന്ന് കയറ്റിയിട്ട് ഒരു ദിക്കില് കൊണ്ടാക്കിയിട്ടുണ്ട് ഉണ്ണിക്കിടാവിന് ഇഷ്ടമുള്ള ഒരു നമ്പൂരിയുടെ അടുത്ത് അച്ഛ അദ്ദേഹത്തിന് തന്നെ കൊടുക്കണേ ഉണ്ണിക്കിടാവിനെ എന്റെ ഈ ഒടുക്കത്തെ അപേക്ഷ അച്ഛൻ സാധിപ്പിച്ചു തരില്ലേ എന്തൊക്കെ പ്രാന്താണ് ഈ പറയണ ഒന്ന് മിണ്ടാണ്ട കിടക്ക എന്റെ കുട്ടി ഞാൻ ഇപ്പൊ ആരും പറയു പറയാത്തത് ഈശ്വരന്മാരെ വിശേഷിച്ചൊന്നുമില്ല മരിക്കാൻ വൈകുന്നോണ്ടുള്ള ഈ വേഷം എന്റെ ഉള്ളിപ്പെട്ടിട്ട് കൊല്ലങ്ങളായി എന്താ വിഷോ എന്താ മധു അതിനുള്ള പ്രത്യൗഷധം പ്രയോഗിക്കാൻ ഇവിടത്തേക്കുണ്ടാവില്ല എന്നാലും അവിടുന്ന് വന്നത് നന്നായി അയ്യോ എന്താ മധു എന്നെ തെറ്റിദ്ധരിച്ചുവല്ലേ അവിടുത്തെ ഏറ്റവും വലിയ കാര്യം അത് ചെയ്യാൻ ആദ്യം ഞാൻ ഒരുക്കായിരുന്നില്ല ചെയ്യാം നേരിട്ടുകൂടി കാരണം എന്റെ മനസ്സിൽ പതുങ്ങിയിരുന്നൊരു മോഹമോ ഒരു ഞാനിതൊന്നും വിശ്വസിക്കില്ല ക്ഷീണം കൊണ്ട് എന്തൊക്കെയോ തോന്നാണ് ഇത്തിരി ഒന്നുമില്ലേ അമ്മ ഇനി നന്തു ഭേദ എന്റെ സമയം കഴിയാറായി അമ്മ ദുഃഖിക്കരുത് ും ദുഖിപ്പിക്കാൻ വേണ്ടിട്ടല്ല ഇവിടത്തേക്ക് ഓർമ്മയുണ്ടോ നമ്മള് കുട്ടിക്കാലത്ത് പുഴക്കരയില് കുട്ടിപ്പരവെച്ച് കളിച്ചത് ഓർമ്മയില്ലേ അതൊക്കെ അന്ന് എനിക്ക് അത്തേമാരാവാനായിരുന്നു വാശി ഇവിടുന്ന് നമ്പൂരി അപ്പോ ഇട്ടിരി ഉണ്ണിക്കിടാവിന് താൻ ആരാവാൻ വാശി എന്നോട് ഇരിക്കണേ അമ്മയാവാനും പറഞ്ഞില്ലേ അപ്പോ എടക്കിടന്ന് ഇവിടെ നിന്നല്ലേ പറഞ്ഞത് ഇലയിട്ട് നോക്കാന്ന് ഞാനാണല്ലോ ഇലയിട്ടത് അപ്പോ ഉണ്ണിക്കടാവിനാകും എനിക്ക് പുറവും എന്തൊക്കെ കളി കളിച്ചു അല്ലേ ഇപ്പോഴും മനസ്സിലായില്ലേ അന്ന് മുതൽക്കേ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ എന്നെ വിവാഹം ചെയ്യണത് അവിടെ ഇരിക്കണം നമുക്കൊരുമിച്ച് ജീവിക്കണം എന്താ സുനോദി മകൾ നാടകം സമാപിക്കുന്നു മൂലകഥ മുത്തിരിങ്ങോട്ട് ഭവത്രാഥൻ നമ്പൂതിരിപ്പാട് റേഡിയോ നാടക രൂപാന്തരം കെ ബി ശ്രീദേവി സംവിധാനം കെ ആർ ഇന്ദിര എം തങ്കമണി കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും അഭൻ നമ്പൂതിരിപ്പാട് മുല്ലനേഴി മധുരപ്പള്ളി എം എൻ എസ് നമ്പൂതിരി ഏടത്തി വി എം ഗിരിജ ഇട്ടിച്ചിരി എം തങ്കമണി സുലോചന കെ എസ് മഞ്ജുള അമ്മ